പതിമൂന്നാമത്തെ മന്ത്രമാണ് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ ആത്മജ്ഞാനത്തിനുള്ള ഉപയോഗത്തെ കുറിച്ചും അതിന്റെ ഫലത്തെ കുറിച്ചും പറയാം അനുഗ്രു സമ്പരിഗ്രഹ്യമത് പ്രവൃഹ്യധർമ്മ്യം അനുമേമാപ്യമോദത്തെ മോദനീയം വിളഭം സത് നേതസം മനി गृह्य मृत्य प्रवृह्य धर्म स सह मोदते मोदनीय ൃതംിതൃ്വാൃ പരിഗ്രഹ്യമർ പ്രഗ്രഹ്യധർമ്മ്യം അനുമേമപ്യ ത്മതത്വം ഇവിടെ പറയുന്ന ഈ ആത്മതത്വം ഏതഹം വച്ചാമി ഞാനി അത് പറയാൻ പോവുകയാണ് ഇത് വിശദീകരിച്ച് പറയുന്നു എന്നു ഒരു ആത്മതത്വത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് പക്ഷെ ഞാൻ വിശദീകരിച്ച് അതിന് പറയാൻ പോവുകയാണ് ആചാര്യ സമീപത്ത് നിന്ന് ആചാര്യനിൽ നിന്നും അത് കേട്ടിട്ട് ആത്മതത്വത്തെ ശ്രവിച്ചിട്ട് ശ്രവണം ചെയ്തിട്ട് സമ്യക് ശരിയാമ്മ അത് ശ്രവിക്കണം അത് ശരിയാമ്മണ്ണം ശ്രവിക്കണം എങ്ങനെ ശരിയാമണ്ണം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഭാവയെന്നാണ് സ്വസ്വരൂപ സ്വസ്വരൂപത്തിൽ അതിനെ സ്വസ്വരൂപമായിട്ട് അനുഗ്രഹിക്കുന്നു ആത്മാവിനെ തന്റെ സ്വരൂപമായിട്ട് തന്നെ തന്റെ വാസ്തവ രൂപമായി ആഗ്രഹിക്കണം അതാണ് സമിത് എന്ന് പറയുന്നത് ശരിയാമ്മണ്ണിക്ക അനന്യഭാവത്തിൽ അന്യഭാവം വരട്ട് ആത്മാവിനെ മറ്റൊരു വസ്തുവായി ഒരിക്കലും ധരിക്കൽ സ്വസ്വരൂപത്തിൽ തന്നെ അവനുഗ്രഹിച്ച് അവനെ പരിഗ്രഹിക്കുക ഉപാദായ അതിനെ സ്വീകരിച്ചിട്ട് സ്വസ്വരൂപമായി തന്നെ അവനെ മനസ്സിലാക്കിയിട്ട് അവനെ മനസ്സിലാക്കിയിട്ട് മറക്കട്ടു മരണധർമ്മ മരണ സ്വഭാവം ഉള്ളവൻ മർക്കേൻ മത്സ്യൻ എന്നു പറയുന്ന ശബ്ദത്തിന്റെ വ്യാഖ്യാനുള്ളത് മരണധർമ്മ മരണം ധർമ്മമായിട്ടുള്ളത് മരിക്കുന്ന സ്വഭാവത്തോടുകൂടിയാണ് അങ്ങനെയുള്ള മനുഷ്യൻ ഈ ആത്മാവിന് ഗുരുവിൽ നിന്നും ആത്മഭാവത്തിൽ ഗ്രഹിച്ചിട്ട് അതുപോലെ ധർമ്മിയം അതിന്റെ വ്യക്തിയാണ് ധർമാധനവേദം ധർമ്മ യുക്തമായിരിക്കുന്ന ആത്മതത്വത്തെ അതിൽ ധർമ്മത്തിലൂടെ പ്രാപിക്കാവുന്ന ആത്മതത്വത്തെ ധർമ്മം ധർമ്മയുക്തമായെങ്കിൽ ആത്മതത്വത്തെ ധർമ്മയുക്തം എന്ന് പറയുന്നത് ധർമ്മം അവനെ പ്രാപിക്കുന്നതിനുള്ള ഒരു സാധനയാണ് ധർമ്മം എന്ന് പറയുന്നത് എല്ലാ നന്മകളെയും എല്ലാ നന്മകളും പ്രാപിക്കുന്നതിനുള്ള ഉപായമാണ് ആ തരത്തിൽ ആത്മാവ് ധർമ്മ്യമാണ് ധർമ്മത്തിലൂടെ എത്തിച്ചേരാവുന്നതാണ് അത് ധർമ്മയുക്തമാണ് അങ്ങനെയുള്ള ആത്മാവിനെ പ്രവൃത്യ ധർമ്മ്യം പ്രവൃക്യ എല്ലാർത്ഥം പറയുന്നു ഉദ്യമ്യ അങ്ങനെ ഒന്നുകൂടെ വിശദീകരിക്കുന്നത് പൃഥ്വൃത്യ വേർതിരിച്ച് ആത്മാവിനെ വേർതിരിച്ച് അങ്ങനെ ശരീരാതി ശരീരാദികളിൽ നിന്ന് തന്നെ വേർതിരിച്ചറിയണം സൂരശരീരം സൂക്ഷ്മശരീരം കർമ്മശരീരം ഇതിൽ നിന്ന് നിന്ന ആത്മാവിനെ വേർതിരിച്ച് ധരിക്കണം എന്നാണ് അനാദിയായ വാസന കൊണ്ട് മനുഷ്യന് ശരീരത്തിൽ ആത്മബുദ്ധി കുറച്ചിരിക്കണം എന്ന് ചിന്തിച്ചാൽ ശരീരത്തിലെ ബോധം ഉറക്കത്തും അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കണം ബൃതത്കരിക്കണം വേർതിരി അങ്ങനെ വേർതിരിച്ച് മലനത്തിലൂടെ അങ്ങനെ വേർതിരിച്ച് പണം സൂക്ഷ്മം വേർതിരിച്ചറിയണം പക്ഷെ വേർതിരിക്കാൻ ഈ ശരീരം പോലെ അത് സ്ഥൂലമല്ല അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു അണു ആണ് അത് സൂക്ഷ്മം എന്നാണ് അണു എന്നൊരു നിശ്ശബ്ദത്തിന്റെ അർത്ഥം സൂക്ഷ്മം എന്നാണ് അണം സൂക്ഷ്മം അത് സൂക്ഷ്മെന്നാണ് ആത്മാനം ധർമ്മിയും അണും ഏതൊക്കെ ഈ ആത്മാവിനെ പ്രാപ്യ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ ആത്മതത്വത്തെ പ്രാപിച്ച് എന്താണ് അതിന്റെ ഫലം സമർത്ഥ്യ ആ മനുഷ്യൻ എങ്ങനെ വിദ്വാൻ അറിയുന്നവൻ ഈ ആത്മാവിനെ അറിയുന്നവൻ ആത്മ ജ്ഞാനത്തിന്റെ ഫലം പറയുകയാണ് മോദതയെ ആനന്ദിക്കുന്നു മോദനീയം ആനന്ദിക്കേണ്ട വിഷയം മോദനീയം ഏതിലാണോ ആനന്ദിക്കുന്നത് മോദനീയമായിരിക്കുന്ന മോദത്തിന് വിഷയമായിരിക്കുന്ന ഹർഷണീയം ആനന്ദത്തിന് വിഷയമായിരിക്കുന്ന ആത്മാനൻ ലഭ ആത്മാവിനെ ആനന്ദിക്കുന്നു അതാണ് എന്റെ പ്രയോജനം ദുഃഖ ആനന്ദപ്രാപ്തി ആത്മജ്ഞാനത്തിന്റെ ഫലമായി പറയുന്നതാണ് ദുഃഖം നിവർത്തി ദുഃഖം നിവൃത്തി എന്ന് പറയുന്നത് മാത്രം പ്രയോജന ദുഃഖം നിവൃത്തി ജഡമായ വസ്തുക്കളിൽ ദുഃഖം നിവൃത്തിയുണ്ട് ചൈതന്യമില്ലാത്ത ചൈതന്യ ശൂന്യമായ വസ്തു അതിനും ദുഃഖം നിവൃത്തിയുണ്ട് അവിടെ ദുഃഖമില്ല പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല മോക്ഷം എന്ന് പറയുന്നത് കേവലം ദുഃഖം നിവൃത്തിയായാണ് അത് ഒരു കല്ലിന്റെ അവസ്ഥയായിരിക്കും അവിടെയും ദുഃഖമില്ല അതുകൊണ്ട് പ്രയോജനമുണ്ട് ദോഷത്തെ എന്താണെന്ന് പറയുന്നത് മോദനീയമാണ് ആനന്ദിക്കുന്ന അവസ്ഥയാണ് അവൻ സത്യത്തിൽ ആനന്ദ ആത്മാവിന് ആനന്ദസ്വരൂപം എന്ന് പറയുന്നത് ആനന്ദസ്വരൂപമാണ് മോദനീയം ആത്മാവന ആത്മാവിനെ നേടിയവൻ ആനന്ദിക്കുന്നു ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം ദുഃഖ ലേശംബോധമില്ലാത്ത ആനന്ദമാണ് ആനന്ദിക്കുന്നു എന്നത് അങ്ങനെയുള്ള ബ്രഹ്മ ഈ പറഞ്ഞ തരത്തിലുള്ള ആനന്ദസ്വരൂപമായ ബ്രഹ്മം വിദ്വാൻമാർ ആനന്ദിക്കുന്നതായ ബ്രഹ്മ ബ്രഹ്മസത്മഭവനം ബ്രഹ്മഭവനം അങ്ങനെയുള്ള ആ ബ്രഹ്മഭവനം ബ്രഹ്മത്തോട് ഭവനത്തോട് കൂമിച്ച് പറയുകയാണ് ആ ബ്രഹ്മമാകുന്ന ആ ഭവനം നദികേദസം ക്വാൻ പ്രതി അല്ലയോ നദികേദിസെ നിനെ സംബന്ധിച്ച് അപാവൃതാരം അതിന്റെ വാദം തുറന്നിരിക്കുകയാണ് വിവൃതമായിരുന്നു തുറന്നിരിക്കുന്നു അപാവൃതമായിരുന്നു വിവൃതം തുറന്നിരിക്കുന്നു ആ ബ്രഹ്മഭവനത്തിലേക്ക് നിനക്ക് അനായാസമായി പ്രവേശിക്കാം അതിന്റെ വാദം നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു അഭിമുഖീഭൂതം നിനക്ക് അഭിമുഖമായിരുന്നു നിനക്ക് നേരെ മുന്നിലാണ് ആ ബ്രഹ്മഭവനം അതിന്റെ വാദം നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മോക്ഷാർഹം സ്വാമി സ്വാമിനെ മോക്ഷാർഹം മോക്ഷാർഹം മോക്ഷത്തിനർഹനാണെന്ന് ഞാൻ കരുതുന്നു എനിക്ക് അഭിപ്രായം മുക്തിക്ക് വേണ്ട എല്ലാ സാധനകളും തികഞ്ഞവനാണ് നഗേദസ് എന്നിവിടെ യമദേവൻ പറയുകയാണ് നീ ഈ ആത്മതത്വത്തെ വേർതിരിച്ചറിഞ്ഞ് ശരീരാദികളിൽ നിന്നെല്ലാം വേർതിരിച്ചറിഞ്ഞ് മോക്ഷത്തെ പ്രാപിക്കും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല നീ മോക്ഷാർഹനാണ് എന്ന് പറയുന്നു മോക്ഷത്തിന്റെ സ്വരൂപം എന്താണെന്ന് പറയുന്നത് മോക്ഷത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആനന്ദപ്രാപ്തിയാണ് പറയുന്നത് ആനന്ദം മോക്ഷത്തിന് വേണ്ടി ആരും പരിശ്രമിക്കത്തില്ല ആനന്ദ സ്വരൂപമായതുകൊണ്ടാണ് നിരദേശീയമായ ആനന്ദം അലൗകികമായ ആനന്ദത്തിൽ നിന്നും വ്യത്യാസം എന്താണ് മോദനീയം ആനന്ദിക്കത്തക്കൽ ബാക്കിയുള്ളവർന്നും ആനന്ദിക്കത്തക്കട എന്നുകൊണ്ട് അവിടെ എല്ലാം ആനന്ദമാണ് നിരുപാധികമായ ആനന്ദമാണ് ആനന്ദസ്വരൂപമാണ് അവിടെ ആനന്ദം മോഷത്തിന്റെ ആനന്ദത്തെ കുറിച്ച് പറയുന്ന എന്താണ് സാധാരണ ആനന്ദം എന്നാൽ ത്രിപുടി രൂപത്തിലുള്ള ത്രിപുടി രൂപത്തിലുള്ള ആനന്ദമാണ് മോഷത്തിൽ ത്രിപുടി രൂപത്തിലുള്ള ആനന്ദമാണ് അറിയുന്നവൻ അറിയപ്പെടുന്നവർക്ക് അറിയും ഇതിനാണ് ത്രിപുടി എന്ന് പറയുന്നത് ആനന്ദിക്കുന്നവൻ ആനന്ദിക്കുന്ന വിഷയം ആനന്ദം ഇതാണ് ത്രിപുടി രൂപത്തിലുള്ള ആനന്ദം അത്ര ആനന്ദം ലൗകിക ആനന്ദങ്ങളല്ല മോക്ഷം മോക്ഷസ്വരൂപമായിരിക്കുന്ന ആനന്ദം അത്തരത്തിലുള്ളതാണ് അത് ത്രികുടി രൂപത്തിലുള്ള അതിനെക്കുറിച്ച് സാധാരണ അതീതത്തിൽ അതീതത്തിന്റെ ഈ ആനന്ദ അനുഭവത്തെ കുറിച്ച് ദൂരികളെ മറ്റും വിമർശിക്കും അത് പറയും ആനന്ദം ത്രികുടി രൂപത്തിലുള്ള ആനന്ദം അത്തരം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ദ്വൈതത്തിന്റെ നേട്ടം ഈശ്വരനെ അന്യനാണ് ഈശ്വരന്റെ സാമീപ്യത്തിൽ ആ ഈശ്വരന്റെ സമീപത്തിൽ ഈശ്വരന്റെ ആനന്ദത്തെ അനുഭവിക്കാം അത് അവിടെ ആ വൈദഭാവത്തിലെ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയും എന്നാണ് ദ്വീതികൾ പറയുന്നത് അങ്ങനെ അഭീദിടെ അഭിപ്രായം എന്താണോ വൈദരൂപത്തിലുള്ള ആനന്ദ പക്ഷേ അത് ലൗകിക ആനന്ദങ്ങളെ സംബന്ധിച്ച് അവിടെ തൃപുടിയിലാവശ്യമുള്ളൂ ലൗകികമായ ആനന്ദങ്ങൾ അനുഭവിക്കുന്നതിന് തിരുപുടി ആവശ്യമാണ് ആനന്ദിക്കുന്നവൻ വേണം ആനന്ദിക്കുന്ന വിഷയം വേണം ആനന്ദിക്കുക എന്നൊരു പ്രക്രിയ അവിടെ വേണം അത് വിഷയാനന്ദത്തെ സംബന്ധിച്ചാണ് ആത്മാനന്ദത്തെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദ സ്വരൂപമാണ് ആനന്ദിക്കുന്നവൻ നിന്ന് അന്യമല്ല അതുകൊണ്ട് തിരുപുടി രൂപത്തിലല്ലാതെയും ആനന്ദ അനുഭവം ഉണ്ടാകും ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഇവിടെ ആനന്ദിക്കുന്ന വിഷയവും ആനന്ദിക്കുന്നവനും ആനന്ദം എന്ന് പ്രക്രിയ അത് വേറെയല്ല അത് ഒന്നാണ് അതുകൊണ്ട് ആത്മാനന്ദത്തെ സംബന്ധിച്ചിടത്തോളം ത്രിപുടിയുടെ ആവേശമില്ല ത്രിപുടിയുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ആനന്ദം അനുഭവവേദ്യമാകും എന്ന് പറയുന്നത് അത് അത് മനസ്സിലാകത്തില്ല വിഷയാനന്ദം എന്ന് പറയുമ്പോൾ അത് ത്രിപുടിയുടെ മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ പക്ഷെ ആത്മാനന്ദം അത് ത്രിപുടി രഹിതമാണ് അത് വിഷയാനന്ദത്തിൽ മുഴുകുന്ന ഒരാളിനാ ഒരിക്കലും ആത്മാനന്ദത്തെ അനുഭവവേദ്യമാക്കാൻ പറ്റത്തില്ല ഇതും അനുഭവവേദ്യമാണ് പക്ഷെ അവിടെ ത്രിപുടിയുടെ ആവശ്യമില്ല എന്ന് അല്ലാതെ തന്നെ അത് അനുഭവവേദ്യും അത് കേവലമായ അനുഭവത്തിന്റെ വിഷയമാണ് അതുകൊണ്ടത് യുക്തിയിലൂടെ അതിന് സമാധാനങ്ങളുടെ സമ്പറ്റത്തിൽ അതെങ്ങനെ സംഭവിക്കും എന്നാണ് ഒരു അനുഭവവും യുക്തിയിലൂടെ വിശദീകരിക്കാൻ ലൗകികമായ അനുഭവങ്ങൾക്ക് പോലും യുക്തിയിൽ വിശദീകരണമില്ല അപ്പൊ ആത്മാനുഭവത്തെ സംബന്ധിച്ചിടത്തോളം യുക്തിയിലൂടെ കാരണം യുക്തിയിലൂടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണത്തിന്റെയും കണ്ടെത്തന്റെയും ആവശ്യം അപ്പൊ ആ കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ യുക്തിയിലൂടെ അതിന് അനുഭവം വേറെ എത്തിച്ചേരാൻ കഴിയത്തില്ല ഇത്രകുടി രൂപത്തിലുള്ള ആനന്ദമാണെങ്കിൽ നമുക്ക് യുക്തിയിലൂടെയാണ് മനസ്സിലാക്കാം പക്ഷേ സ്വരൂപാനന്ദം അത് അനുഭവ അവിടെ വ്യക്തിയില്ല അവിടെ തൃപുടിയില്ല അങ്ങനെ അല്ലാതെയും ആനന്ദത്തെ അനുഭവിക്കാം എന്നാണ് അതുകൊണ്ട് ചിലത് പറയും അതായത് വേറെ രീതിയിൽ പറയുന്നതാണ് പഞ്ചസാര പഞ്ചസാര ആയി മാറിയാൽ പറ്റില്ല മറിച്ച് പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കും എന്ന് സാറിന് പറയാനുള്ളത് അദ്വൈതത്തിന് അദ്വേദി ഈ വർണ്ണിക്കുന്ന ഈ ആനന്ദത്തിന് അത് അനുഭവവേദ്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത് ൾ പറയുന്നത് പഞ്ചസാര ആകുന്നതിൽ എന്നുള്ളത് പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് പഞ്ചസാര ആകുന്നതിന്റെ മാതിരി മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നാണ് ഈ വീതി പറയുന്നത് പഞ്ചസാര എന്ന് പറയുന്നത് മധുരമാണല്ലോ അത് ജഡമായ വസ്തുവായതുകൊണ്ട് അവിടെ സംവേദന ഉണ്ട് പക്ഷെ ഇവിടെ എന്താണ് ചൈതന്യമാണ് പക്ഷേ ജഡമാണ് പഞ്ചസാര ഇത്രയും മധുരം അറിയാൻ പറ്റത്തില്ല ശരിയാണ് എന്തുകൊണ്ടുള്ള ജഡമായ ഒരു വസ്തുവായത് കൊണ്ട് അതിനൊരു ചൈതന്യത്തിനെ അറിയാൻ പറ്റും പക്ഷെ ആ ചൈതന്യം തന്നെ സ്വയം പഞ്ചസാരയാണെങ്കിൽ അതിനറിയുന്നതിനും മറ്റൊരു ചൈതന്യത്തിന്റെ അവിധമില്ല അതാണ് സ്വയം പ്രകാശവും കൂടെ അപ്പോ ഈ സ്വയം ആ ചൈതന്യം ആ പഞ്ചസാര സ്വയം ചൈതന്യ സ്വരൂപമാകണമെങ്കിൽ അത് മധുരം തന്നെയായിരിക്കും കാരണം രണ്ടാമതൊന്നുമില്ല ദുഃഖസ്പർശമില്ല അപ്പോൾ മധുരം തന്നെയായിരിക്കും അത് ദുരബുദ്ധിയോടും അവനറിയാൻ പറ്റത്തില്ല അവനെപ്പോഴും ആ പഞ്ചസാരയിൽ നിന്നും മാറി നിന്ന് പഞ്ചസാര അനുഭവിച്ചു ഈശ്വരനിൽ നിന്നും മാറി നിന്ന് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നവനാണ് അപ്പൊ അവനൊരിക്കലും ഈശ്വരന്റെ അസ്വരൂപത്തെ അറിയാൻ പറ്റത്തില്ല പഞ്ചസാര അസ്വരൂപത്തെ അറിയാൻ പറ്റത്തില്ല അവന് എത്രപുടി രൂപത്തിൽ അറിയാൻ പറ്റും അവന്റെ അറിവ് പറയുന്നത് തികച്ചും അപൂർണമായി എന്നാണ് അന്ത്യെ പറയുന്നത് ആ പഞ്ചസാര അത് ചൈതന്യ സ്വരൂപമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചത് ആ പഞ്ചസാരയിൽ പഞ്ചസാര അല്ല അതിനെ മറ്റൊന്നും കാണത്തില്ല ആനന്ദസ്വരൂപമായിരിക്കും ആ ആനന്ദ അനുഭവം ഈ ത്രികുടി രൂപത്തിൽ അതിനെ അറിയാൻ ശ്രമിക്കുന്നവരൊരിക്കലും ഉണ്ടാകത്തില്ല യുക്തിയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതെങ്ങനെ സംഭവിക്കും അത് സ്വാനുഭവത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് അന്ത്യ പറയുന്നത് സ്വാനുഭവം അവസാനിക്കുക അനുഭവത്തിൽ അത് അവസാനിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും യുക്തികളും എല്ലാം അതുകൊണ്ട് പഞ്ചസാരയിൽ നിന്നും മാറിയിരുന്ന പഞ്ചസാര അനുഭവിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് തികച്ച ലൗകിക ബുദ്ധി അനുസരിച്ചിട്ടാണ് ഈശ്വരന്റെ സ്വരൂപത്തെ പോലും മനസ്സിലാക്കാം പഞ്ചസാര പോലെ ജഡമായ ഒരു വസ്തുവാണ് ഈശ്വരൻ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് അത് അതിന് വെറും ലൗകിക ബുദ്ധിയാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് ത്രിപുടി രൂപത്തിലുള്ള ബുദ്ധി ഈശ്വരന് വെറും ഒരു പഞ്ചസാരഘട്ട കൂടെ ജഡമായ ഒരു വസ്തുവായി കാണുക എന്ന് പറഞ്ഞ എന്താണ് തീർച്ചയായും ലൗകികമായൊരു ബുദ്ധി ആ ലൗകികമായ ബുദ്ധിയൊന്നുകൊണ്ട് ഈ മഹത്തായ തത്വത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണതയിൽ അവന്റെ വാസ്തവ സ്വരൂപത്തിൽ അറിയാൻ കഴിയത്തില്ല അതിനെ കുറിച്ച് ഊഹിക്കാനും സാധ്യത അതിനെ കുറിച്ച് പറയുന്ന യുക്തികളും അപൂർണമാണ് എന്നാണ് അതിൽ പറയുന്നത് അപ്പൊ ഈശ്വരൻ എന്റെ സാക്ഷാതായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ ആ പഞ്ചസാര കേട്ട ആ സ്വയം പഞ്ചസാര അറിയുന്നത് പോലെയാണ് അതിൽ മാറി നിന്ന് അതിനറിയുന്ന പോലെയല്ല എന്തുകൊണ്ട് ഇതുവരെ ജഡമായ ഒരു പഞ്ചസാരയല്ല മറിച്ചത് ചൈതന്യ സ്വരൂപമാണ് ആ ചൈതന്യ സ്വരൂപത്തിൽ ഉള്ള അതിന്റെ സാക്ഷാത്കാരം അത് ഒരു ദ്വൈതബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും സങ്കല്പിക്കാനും സാധ്യമല്ല എന്നാണ് ദൈവം പറയുന്നത് അതുകൊണ്ടത് മോദനീയം ആനന്ദിക്കേണ്ടതായിട്ടത് ഒന്നു മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ആനന്ദങ്ങളും അതിന്റെ ഒരു ലേശ പ്രകടമാക്കുന്നതാണ് അതിന്റെ പൂർണതയെ മറ്റൊന്നും തന്നെ പ്രകടമാക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തെ നിലപാട് അതുകൊണ്ട് ദ്വൈതവും അവിടെ ആനന്ദ അനുഭൂതിക്കുന്നില്ല അത് സ്വരൂപാനുഭൂ സാക്ഷാത് അവരോക്ഷം അവരോക്ഷാനുഭൂ എന്നെല്ലാം പറയും അങ്ങനെ ദ്വൈതത്തിന്റെ സ്പർശം പോലും തികഞ്ഞ ദ്വീതവാസനയുള്ള ഒരാൾ ഈശ്വരനോട് അനുയഭാവം ഇല്ലാത്ത ഒരാളിനാണ് ഒരിക്കലും ഗ്രഹിക്കാൻ പറ്റത്തില്ല യുക്തിയിലൂടെയും ഗ്രഹിക്കാൻ പറ്റത്തില്ല അനുഭവത്തിന്റെ കാര്യം വളരെ വിദൂരമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു രാണോ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഇതിന്റെ വാസ്തവ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് അങ്ങനെയുള്ള നിരുപാധികമായ ആനന്ദ അനുഭവം അതും മനസ്സിലാക്കാൻ പറ്റും അതിനെക്കുറിച്ച് പറയുന്നെന്താണ് അത് അനുഭവാതീതമാണെന്ന് വെച്ചാൽ ലൗകികമായ കാൽക്കനികമായ ത്രിപുടി രൂപത്തിലുള്ള എല്ലാ അനുഭവത്തിനും അതീതമാണ് എന്നാൽ അത് ം ഈ പറയുന്ന മൂന്ന് ഒരു വ്യവഹാരികാവസ്ഥ അല്ലെങ്കിൽ ലൗകികാവസ്ഥയിൽ ഇതിനെ മൂന്നിനെയും അറിയുന്നതിനാണ് ത്രിപുടിയുടെ ആവശ്യം ഉള്ള സ്വത്ത് ചിത്ത് ആനന്ദ് ഇതിന്റെ സാക്ഷാത്കാരത്തിൽ അവിടെ ത്രിപുടിയുടെ ഇല്ല അത് സാക്ഷാത്കാര സ്വരൂപമാണ് ആനന്ദ സ്വരൂപമാണ് അവിടെ ത്രിപുര ആവശ്യം ത്രിപുരയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ചിന്തിക്കുന്ന ഒരാളിന് അദ്ദേഹം അസംഭവമാണ് എന്ന് തോന്നിപ്പോവും അത് ദ്വൈതവാസന പ്രബദമായിരിക്കുന്നതുകൊണ്ടാണ് അതിന് ശരിയായ രീതിയിൽ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അദ്വൈത തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ശ്രവണ മേഡങ്ങൾ ശരിയായ രീതിയിൽ ധരിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈശ്വരനെ അനുഭവിക്കുന്നത് ത്രിപുടിയിലൂടെയാണ് എന്ന് ദ്വൈതബുദ്ധിയിൽ കൽപ്പിക്കുന്നത് ധിച്ചും ഭാഗികമായ ഈശ്വരാനുഭവത്തിന് ത്രിപുടിയുടെ ആവശ്യമില്ല ഈശ്വരൻ ആനന്ദ സ്വരൂപനാണെങ്കിൽ ത്രിപുടി കൂടാതെ തന്നെയാണ് ഈശ്വരനെ അനുഭവിക്കാൻ കഴിയും ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചെറുത്തേക്കുള്ള അനുഭവ അവസാനത്തുമാണ് ഇതെല്ലാം അവസാനിക്കുന്ന അനുഭവത്തിലാണ് അപ്പോ അത് ശ്രദ്ധ മുഖ്യമാണ് ആ ശ്രദ്ധയോടുകൂടി ആസാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അതിന്റെ അനുഭവം ഉണ്ടാവും എന്നാണ് ആചാര്യന്മാരുടെ മതം ആദ്യം തന്നെ യമദേവൻ പറയുന്നത് നജിവേസ് പറയുന്നത് ആശ്രദ്ധയെക്കുറിച്ചാണ് അങ്ങനെയൊന്ന് സംഭവിക്കും എന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ സംബന്ധിച്ച് അത് സംഭവിച്ചു തന്നെ തീരും എന്നാണ് പറയുന്നത് നജിവേസിനോട് പോയ വിവൃതം വലിയ ആത്മഭവനത്തിലേക്കുള്ള നന്ദമാർഗം കടത്തിരിക്കണം എന്ന് പറയുന്ന ഇത് കേട്ടുകഴിഞ്ഞപ്പോ നജീവസ് പറയുന്ന മറുപടിയാണ് അടുത്തത് ഇതിന്റെ അർത്ഥം മർത്തിക മനുഷ്യൻ ശ്രുത്വേദി ആത്മതത്വത്തെ ശ്രുത്വ ഗുരുവിൽ നിന്നും വിശ്രമിച്ചിട്ട് ശരിക്കതിനെ മനനം ചെയ്തിട്ട് ധാർമ്മ്യം ധർമ്മത്തിലൂടെ സ്ഥാപിക്കാവുന്നതും പണം സൂക്ഷ്മവും ആ ഏതൊക്കെ ആത്മതത്വത്തെ പ്രവൃത്തി ശരീരാദികളിൽ നിന്നും വേർതിരിച്ച് നിധ്യാസനത്തെ സൂചിപ്പിക്കുകയാണ് ശ്രുത്വം എന്ന് പറയുന്നത് ശ്രവണംഗ്രഹിയ മനനം പ്രവൃശ നിവിധ്യാസന മൂന്ന് കാര്യത്തെ സൂചിപ്പിക്കുകയാണ് ആപ് പറഞ്ഞിരിക്കും സംഭരിച്ച് ലഭ്യം മനനം ചെയ്തിട്ട് പറം നിധ്യാസനം അനുഷ്ഠിച്ച് ആപ്യതിനെ സാക്ഷാത്കരിച്ചിട്ട് സമോദതയെ ഞാൻ ആനന്ദിക്കുന്നു മോദനീയം ആനന്ദിക്കേണ്ടതായതിനെ നേടിയിട്ട് നദികേദസം നദികേദസന് വിവൃതം ബ്രഹ്മഭവനം ബ്രഹ്മഭവനത്തിന്റെ വാതൽ തുറക്കപ്പെട്ടവനാണ് മഞ്ഞെ ഞാൻ കരുതുന്നു ഇത് കേട്ട് വേണ്ടി തന്ന ജീവിതത്തിന്റെ മന്ത്രം അന്യത്രൂത <coughs> അന്യത്രൂത്തധർമാ അന്യത്രൂ എത്തുവാ നചിത പുനരാഹ എതിട്ടറ്റ് നചിത നചിതസ് പുനഃ വീണ്ടും ആഹ് പറയുന്നു യദ്യഹം യോഗ്യ ഞാൻ യോഗ്യനാണ് യതിയെങ്കിൽ പ്രസന്ന അസിഭവാൻ അങ് എന്നിൽ പ്രസന്നനുമാണെങ്കിൽ പ്രസന്ന ച അസിഭവാൻ അങ്ങനെ പ്രസന്നനുമാണ് ഞാൻ യോഗ്യനുമാണ് എൻ്റെ അധികാര യോഗ്യതയിൽ അങ്ങ് സന്തുഷ്ടനാണ് ഞാനതിനധികാരിയാണെന്ന് അങ്ങ് മനസ്സിലാക്കി അങ്ങ് സന്തുഷ്ടനാണ് എങ്കിൽ മാം പറോട് ഉപദേശിക്കുക എന്നാണ് പറയുന്നത് അതായത് ഇതിവിടെ സൂചിപ്പിക്കുന്ന എന്താണ് ആത്മവിദ്യ ഉപ ഉപദേശിക്കുന്നതെന്ന് ഇവിടെ പ്രധാനം ശിഷ്യന്റെ യോഗ്യതയാണ് ശിഷ്യന്റെ യോഗ്യതയാണ് പ്രധാനം ശിഷ്യൻ യോഗ്യനാണെന്ന് ഗുരുവിന് ശരിക്കും ബോധ്യപ്പെട്ടാലേ പുതിയ രീതിയിൽ ആത്മതത്വത്തെ ഉപദേശിക്കത്തുള്ളൂ എന്നാണ് ശിഷ്യൻ ഗുരു യോഗ്യനാണോ എനിക്കത് ഉപദേശിക്കാൻ എന്ന് അന്വേഷിക്കുന്നതിനെ പേരി ഗുരുവിനെ സംബന്ധിച്ച് ശിഷ്യൻ എന്തിനു യോഗ്യനാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് കാസ്ത ഗുരു യോഗ്യനാണോന്ന് ശിഷ്യനന്വേഷിച്ചിട്ട് വിശേഷ കാര്യമൊന്നുമില്ല കാരണം ഗുരു യോഗ്യനാണെങ്കിലും ശിഷ്യൻ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ശിഷ്യൻ യോഗ്യനല്ലെങ്കിൽ അപ്പം വളരെ അന്വേഷിച്ച് യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തിയാലും ശിഷ്യൻ യോഗ്യനാണെങ്കിൽ അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല സാമാന്യമായ പ്രയോജനം ഉണ്ടാകെല്ലാവർക്കും ഉള്ളതെന്ന് പറയൂ ശിഷ്യന് വിശേഷിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ശിഷ്യൻ യോഗ്യനായിരിക്കും ശിഷ്യൻ യോഗ്യനായാൽ ഗുരു ആ ശിഷ്യനിൽ സന്തുഷ്ടനായ യോഗ്യതയിൽ സന്തുഷ്ടനായ യോഗ്യതയിൽ ഗുരുവിന്റെ സന്തുഷ്ട എന്താണ് ഈ ശിഷ്യന് യോഗ്യ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷം അതാണ് ഗുരുവിന്റെ ശിഷ്യനുള്ള സന്തോഷം ആണ് വിദ്യ ഫലപ്രദമാവും ഫലപ്രദമാണെങ്കിൽ അത് യോഗ്യമായ പാത്രത്തിലേ അത് മുഖ്യമായ ഫലത്തെ കൊടുക്കത്തുള്ളൂ അതുകൊണ്ട് യോഗ്യമായ ഒരു പാത്ര ലഭ്യമായി ഈ ഇവിടെ വിദ്യ അതിന്റെ ഫലത്തെ ചെയ്യും എന്ന് ഗുരുവിന്റെ സന്തോഷം അങ്ങനെയുള്ള ആ സന്തോഷം അപ്പോൾ നിത്യതൃപ്തനായിരിക്കുന്ന ഗുരുവിന് ശിഷ്യനെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച സന്തോഷം എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാകും ഉണ്ടാകും കാരണം ഗുരുവിനെ സംബന്ധിച്ചുകൊണ്ട് എന്താണ് വിദ്യാ പാരമ്പര്യത്തെ നിലനിർത്തുക ആത്മവിദ്യ അനാദിയായ ഗുരു പാരമ്പര്യത്തിൽ നിന്നും അനാദിയായി അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മവിദ്യ എന്നത് പാപ ആത്മവിദ്യയെ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും ഗുരുവിന്റെ കടമയാണ് പറഞ്ഞിട്ട് മുക്തനായിരുന്നുണ്ടെങ്കിലും യാമ്യം എന്ന് പറയുന്ന ഒരു സ്ഥാനം അത് കർത്തവ്യമായിരിക്കുന്നു യമദേവനുകൂടി ഉമ്മുക്തനാണ് ഗുരുക്കന്മാർ കൃതകൃത്യന്മാരാണ് കൃതകൃത്യന്മാരോടുകൂടി കൃത്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നവരാണ് അവർ കടമകളിൽ ഇല്ല എങ്കിലും ആത്മവിദ്യയെ സംബന്ധിച്ചും മറ്റും അവർക്കും ഉണ്ട് കർത്തവ്യങ്ങൾ കടമകൾ പ്രാരബ്ധരൂപത്തിലുണ്ട് അങ്ങനെ പ്രാരബ് രൂപത്തിലുള്ള ഗുരുവിന്റെ ഒരു കർത്തവ്യമാണ് ഈ ആത്മവിദ്യ പാരമ്പര്യത്തെ നിലനിർത്തേണ്ടത് ഇത് ഇനിയും അനന്ത ജീവന്മാരെ സംസാര ബന്ധനത്തിൽ മോചിപ്പിക്കേണ്ട അപ്പൊ ആ വിദ്യ സമ്പ്രദായ രക്ഷ എന്ന അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യുന്നു ഒരു യോഗ്യനായ ശിഷ്യനെ കാണുമ്പോൾ ഗുരുവിന് സന്തോഷമുണ്ടാവും കാരണം ഈ വിദ്യ പാരമ്പര്യത്തെ നിലനിർത്താൻ കഴിയുന്നവരുടെ സന്തോഷം അങ്ങനെ പ്രസന്നനാകുന്നു ഇവിടെ വിദ്യ ഫലം ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ഇവിടെ ശിഷ്യനും നജികേദത്ത് വ്യോമസാധനത്തിലേക്ക് പോയി മരണശേഷം എന്താണ് എന്നെല്ലാം ചോദിച്ചു അത് ചോദിക്കുമ്പോ സാധനത്തിൽ നിന്ന് എന്താണ് നജിവേദര് ആജ്ഞനാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഒരാളാണ് അങ്ങനെയല്ല കാരണം ശരിയായ ആത്മാന ഭവേകവും മറ്റുമുള്ള ഒരാളാണ് എന്തുകൊണ്ട് കാരണം സാധനചതുഷ്ഠേയ സമ്പത്തി സാധന ചതുഷ്ടയ സമ്പന്ന ആ സമ്പത്തി എന്ന് പറയുന്നത് ഒന്നു മാത്രമായിട്ട് ഒരാൾ ഉണ്ടാവത്തില്ല ഒന്നിനോട് ചേർന്നേ മറ്റൊന്നിരിക്കത്തുള്ളൂ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധ ശ്രദ്ധ സമാധാനം ആ ശ്രദ്ധ എന്ന് പറയുന്നത് പൂർണ്ണമായും നവീകരിച്ച് കാണുന്നുണ്ട് ശ്രദ്ധ പൂർണ്ണമായും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊതുണ്ടായി സാധന ചോതിഷ്ട സമ്പന്നനായ ഒരു മമ്മൂക്ഷമാണ് അതുകൊണ്ടാണ് ത്രീസദ്ഭാവൻ ആയിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ കുറിച്ച് അയാൾ അജ്ഞനല്ല അയാൾ ആത്മജ്ഞനാണ് അതിന് മുക്കനാണ് അപ്പൊ നയ്യേസുവിനെല്ലാം അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അതെല്ലാം അറിഞ്ഞിട്ട് വിനീന്ദിന് ചോദിക്കണം അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാലും അത് അതെന്തോ ഒരു ചെറിയ ന്യൂനതയുണ്ട് അതിന്റെ സാക്ഷാത്കാരത്തിലുള്ള ഒരു ചെറിയ തടസ്സം ചെയ്യുന്നു ബ്രഹ്മസദനം വിവൃതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ പൂർണമായിരിക്കുകയാണ് അപൂർണറും എന്തോ ഒരു പോരായ്മ അതിനു വേണ്ടിയിട്ട് സുഖ ബ്രഹ്മി ജനക മഹാരാജാവിൻ്റെ അടുത്ത് പോയി മറ്റും പറയുന്ന കഥകള അതുപോലെ അജ്ഞനായിട്ടല്ല പോകുന്നു ജ്ഞാനിയായിട്ട് തന്നെ വേണ്ടി പിന്നെ ചെയ്യുന്നു പറയുന്നു അവിടെയും സമ്പ്രദായ ഒക്കെ അംഗീകരിക്കുക ഗുരു ശിഷ്യ സമ്പ്രദായത്തെ അംഗീകരിക്കുക അതിനുവേണ്ടി ആ വിദ്യയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമ്പ്രദായ രക്ഷ അതിനു വേണ്ടിയിട്ട് അവർ ഗുരുവിൽ നിന്നൊന്ന് ഗ്രഹിക്കുന്നുവെന്ന് വരുത്താൻ വേണ്ടി ലോകമര്യാദയ്ക്ക് വേണ്ടിയിട്ട് സമ്പ്രദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ഗുരുവിനെ പ്രാപിക്കുക വാസ്തവത്തിൽ ഇതിനെ കുറിച്ചെല്ലാം ഉള്ള അറിവ് ഉണ്ടായിരുന്നിട്ട് റിഞ്ഞ കാര്യം പിന്നെ ചോദിക്കുകയാണ് പലപ്പോഴും ആത്മവിദ്യയെക്കുറിച്ച് പറയുന്ന പ്രകടനത്തിലല്ല ഒരു ശേഷി സംവാദരൂപത്തിൽ പറയുന്നിടത്തെ ശേഷം അറിഞ്ഞ കാര്യത്തിന് വീണ്ടും ചോദിക്കുന്നത് അറിയാത്ത ഒരു കാര്യം ചോദിക്കുകയല്ല വീണ്ടും അതിന് അവശേഷിക്കുന്ന സംശയ വിവരങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി അതുപോലെ ഇവിടെ നല്ല അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് അറിഞ്ഞത് തോന്നതാണ് അടുത്ത് ചോദിക്കുന്നത് എന്താണ് അന്യത്രപ പ്പുറമുള്ളത് ശാസ്ത്രീയത് ധർമാനുഷ്ഠാന ശാസ്ത്രീയമായ ധർമാനുഷ്ഠാന ശാസ്ത്രീയമായ ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം ശാസ്ത്രീയമായ കർമ്മം എന്ന് പറയുമ്പോൾ വേദം വേദത്തെ അനുകൂലിക്കുന്ന സ്മൃതികൾ അതിലെ ലംബിച്ചിരിക്കുന്ന കർമ്മങ്ങൾ അങ്ങനെയുള്ള കർമാനുഷ്ഠാനങ്ങളിൽ നിന്നും തദ് അതിന്റെ ഫലങ്ങളിൽ നിന്നും ഇപ്പൊ യാഗാദി കർമ്മങ്ങൾ അതിന്റെ ഫലം സ്വർഗാദികൾ അതിന്റെ കാരകങ്ങൾ അതായത് യാഗാദികൾ നിറവേറ്റുപയോഗിക്കുന്ന വസ്തുക്കൾ അതാണ് കാരകങ്ങൾ പ്രവൃത്തിക്ക് ഉപകരിക്കുന്നവ അതാണ് കാരകങ്ങൾ അതിൽ നിന്നെല്ലാം പൃഹദ്ഭൂതം അതിൽ നിന്നെല്ലാം നേരിട്ടിരിക്കുന്നത് അതിൽ എന്ന് പറയുമ്പോൾ ആത്മതത്വമായി ശാസ്ത്രീയമായ കർമ്മങ്ങൾ അ കർമാനുഷ്ഠാനമുള്ള ഫലങ്ങൾ ആ കർമാനുഷ്ഠാനത്തിന് ഉപകരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അന്യമായിരിക്കുന്ന എന്തോ അതെന്നോട് പറയുള്ളൂ അപ്പൊ ഇതിൽ നിന്നെല്ലാം അന്യമായിരിക്കുന്ന ഒന്നും അതിനെ മജിസിനറിയാം ആത്മാഅാത്മവിവേഗം ഉള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകും മജീയസിനും അറിയാം തഥ അതുപോലെ അന്യത്ര അധർമ്മ അധർമ്മത്തിൽ നിന്നും വിഹിത അകരണരൂപ പാപാ വിഹിതമായത് വേദത്തിൽ വിധിച്ചത് അകരണം ചെയ്യാതിരിക്കുന്ന അധർമ്മം ആ രൂപത്തിലുള്ള തഥ അതുപോലെ ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ വിധിച്ചത് അനുഷ്ഠിക്കുന്നതും അധർമ്മം എന്ന് പറഞ്ഞാൽ വിധിച്ചത് അനുഷ്ഠിക്കാതിരിക്കുന്നു വിഹിത അകരണമെന്ന് പറയുന്നത് എന്താണ് ൗകികമായ കർമ്മങ്ങൾ ചെയ്ത് ചെയ്യില്ല അതാണ് ഗഹിതാകരണം അവിടെ വിഹിതമായ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല ശാസ്ത്രീയമായ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാൽ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചൂടെ പരാമർശിക്കുന്നേ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആത്മതത്വത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ദുരാചാരിചരിത അതടത്ത് പറയും എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല അങ്ങനല്ലാത്ത ഒരു കൂട്ടരുണ്ട് ദുരാചാരങ്ങളിൽ നിഷിദ്ധമായത് അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുന്നില്ല വിഹിതമായത് ചെയ്യുന്നില്ല പിന്നെ സഹജമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന വിഹിത അകരണമാണ് വിധിച്ചെന്ന് ചെയ്യുന്നില്ല അറിഞ്ഞുകൊണ്ട് പാപം അനുഷ്ഠിക്കുന്നില്ല പോലെ ജീവിക്കുന്നുണ്ട് അതായത് സ്വാദബുദ്ധിയോടുകൂടി ഒരു പാപ ചെയ്യുന്നില്ല ശാസ്ത്രീയമായ ബോധമുള്ളതാണ് ധർമ്മധർമ്മ ബോധമുള്ള മനുഷ്യന് പാപം ചെയ്യുമ്പോൾ പാപബോധം വരും ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധം വരും ആ പാപബോധത്തോടുകൂടി ചെയ്യുന്നു അവൻ ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഏത് തെറ്റിയില്ലാലും അവന്റെ മനസ്സിലൊരു തെറ്റാണ് തെറ്റിനെ കുറിച്ച് ഒരു അറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നത് ചിലപ്പോ വാസനാപനം കൊണ്ടോ സാഹചര്യം കൊണ്ട് സമ്മർദ്ദം കൊണ്ടോ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലൂടെ തന്നെ തെറ്റിനെ കുറിച്ചുള്ള ബോധം വരും പാപബോധം വരും പാപബോധത്തോടു കൂടി തെറ്റ് ചെയ്യുന്നത് നിഷിദ്ധ ആചരണം എന്ന് പറയുന്നത് നിഷിദ്ധമായി ആചരിക്കുന്നു അവന് പാപഫലമാണ് വിഹിതാകരണം വരുന്നത് അങ്ങനെയല്ല അവന് പാപബോധമില്ല അവന് ചെയ്യുന്നു അവൻ മൃഗം ചെയ്യുന്നു അതിന് സഹജമായ വാസന കൊണ്ട് അത് പ്രവൃത്തികളെ സംബന്ധിച്ച് അവന് സാധാരണ മനുഷ്യനും ഏറെ അങ്ങനെയാണ് പാപബോധമില്ലാതെ അവൻ പ്രവർത്തിക്കുന്നു തെറ്റേത് ശരിയേത് എന്നറിയാതെ അവൻ പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ണം അതുകൊണ്ടും കൊണ്ട് പാപം എന്നറിയാം അത് ചെയ്യുന്നതിൻ്റെ ഒരു പാപമുണ്ട് അങ്ങനെയുള്ള പാപത്തിൽ നിന്നും ലൗകികമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് കഴിയുന്ന അതിൻ്റെതായ പാപം അതിന്റെ പാപം ആയിട്ടാണ് അവൻ വീണ്ടും അവന് ജന്മം ഉണ്ടാകും പാപമില്ലാതെ വരുന്നില്ല ആ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി അവന് വീണ്ടും ജന്മം ഉണ്ടാകും അങ്ങനെയുള്ള പാപത്തിൽ നിന്നും അതുപോലെ അന്യത്ര അതുപോലെ എന്താണ് കൃതത്തിൽ നിന്നും അകൃതത്തിൽ നിന്നും കൃതം എന്ന് പറയുന്ന കാര്യം അകൃതം എന്ന് പറയുന്ന കാരണം കാരണ രൂപത്തിലിരിക്കുന്ന ഈ പ്രപഞ്ചം ഇവിടെ കാണപ്പെടുന്ന സർവവും അനുഭവപ്പെടുന്ന സർവ്വവും കാര്യകാരണ രൂപത്തിലിരിക്കുന്നു പരസ്പരബദ്ധമായിരിക്കുന്നു ഇതിനും അപ്പുറമുള്ളത് അന്യത്ര അതും ആത്മാവിനെ കുറിച്ച് പറയും കാര്യകാരണരൂപ കാര്യകാരണബന്ധമായിരിക്കുന്ന ചെലവ് അതിനാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ആത്മാവിന് കാര്യകാരണ ബന്ധമില്ല നിഷ്പ്രപഞ്ചം എന്നതിനെ കുറിച്ച് പറയും എവിടെ ചെല്ലുമ്പോഴാണ് ഈ കാര്യകാരണ ബന്ധം അറ്റുപോകുന്നതാണ് ആത്മാവ് അന്യത്ര ഭൂതാച്ച അതിക്രാന്ത ഭൂതകാലത്തിന് അപ്പുറമുള്ളത് ഭവ്യാച്ച ഭവിഷ്യത ഭാവി കാലത്തിനപ്പുറമുള്ളത് പ്രധാന്യത്ര വർത്തമാന വർത്തമാനത്തിന് അത്രമുള്ളതാണ് ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം കാലസങ്കല്പത്തോടു കൂടിയാണ് നമുക്ക് വരുന്നത് പക്ഷെ ആത്മാവ് കാല സ്പർശിയല്ല കാല അതീതമാണ് ആത്മാവിനെ കുറിച്ചുള്ള കാലസങ്കല്പറുന്ന എന്താണ് ഒരാൾക്ക് കരുതുന്നു ഞാൻ ായി സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു ഇത് ആത്മാവിനെ കുറിച്ചുള്ള കാലസങ്കല്പമാണ് അനാദികാലമായി ഞാൻ ബന്ധനസ്ഥനാണ് ഞാനിപ്പോ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതും ആത്മാവിനെ കുറിച്ചുള്ള കാലസങ്കല്പമാണ് കാലബദ്ധമായി ആത്മാവിനെ കുറിച്ച് പിന്നെ അവൻ ചിന്തിക്കാൻ എന്താണ് ഞാൻ നാളെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനായിത്തീരും ഇതും കാലബന്ധമായി ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പമാണ് നാളെ മോക്ഷം ഭാവിയുടെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് അത് അജ്ഞാനമാണ് വർത്തമാനത്തിലെ ബന്ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർത്തമാനത്തിലെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതും അജ്ഞാനമാണ് കാലം ഏതെങ്കിലും കാലത്തിൽ സംഭവിക്കുന്നതല്ല മോക്ഷം എന്ന് പറയുന്നു ഭാവി കാലത്ത് സംഭവിക്കും നാളെ അങ്ങനെ ഒരു നാളയിൽ സംഭവിക്കുന്നതല്ല മോക്ഷം എന്ന് അത് കാലാതീതമായ തത്വമാണ് മോക്ഷം എന്ന് പറയുന്നത് ഒരു കാലത്ത് സംഭവിക്കുന്ന നാളെ മോക്ഷം നാളത്തെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇതെല്ലാം എന്താണോ അജ്ഞാനവിലാസമാണ് മെയിൻ മായ കാര്യങ്ങളാണ് അന്യത്ര ഭാവി ഇപ്പൊ ഭാവിയിൽ ഒന്നില്ല എവിടെയാണോ ആ സ്വരൂപബോധം എപ്പോഴാണോ പ്രകാശിക്കുന്നത് അപ്പൊ കാലബോധം അവിടെയില്ല ഭൂതവർത്തമാന ഭാവി ഭൂതങ്ങളൊന്നുമില്ല വർത്തമാനവും വർത്തമാനവും എന്താണ് കാലബദ്ധമാണ് കാലം എന്ന് പറയുന്നത് എന്താണ് മായയുടെ പര്യായമായിട്ടാണ് പറയുന്നത് ദീര്യത്തിൽ പറയുന്നത് മായ അത് കാലം മായയുടെ ഏറ്റവും പ്രകടമായ ഒരു എന്ന് ചോദിച്ചു ഏറ്റവും പ്രകടമായിരിക്കുന്ന ഒരു കാലം എന്ന് പറയുന്നത് മായയുടെ പര്യായമായിട്ടാണ് കാലത്ത് പറയുന്നത് ഇന്നലെ ഇന്നും നാളെ എന്നുള്ള ഈ ബോധം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ജീവനെ ഭ്രമിപ്പിക്കുന്നത് മായാശക്തി സംസാരധർമ്മത്തിൽ കാരണമായിരുന്ന മായയുടെ ഏറ്റവും വ്യക്തമായ രൂപമാണ് കാലബോധം ആ കാലബോധത്തിൽ നിന്നുകൊണ്ട് ആണ് മനുഷ്യൻ മിക മായാബോധത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യൻ മുക്തിക്ക് വേണ്ടി നാളത്തെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് മുക്തി ആ കാലാബോധത്തിന് കാലബോധം കൊണ്ട് പരിഛന്നമാവുന്ന ഒന്നല്ല അത് കാലബോധം നശിക്കുന്ന ഇടമാണ് മോശ അപ്പോ നാളത്തെ മോക്ഷം അത് സംഭവിക്കുമ്പോൾ അത് കാലാതീതമായിരിക്കും എന്ന് വെച്ചാൽ അവിടെ നാളെ ഇല്ല വർത്തമാനമില്ല ഒന്നുമില്ല അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഭാവിയാ അത് ഭാവിക്ക് മാത്രമാണ് ഭാവി രൂപത്തിലുള്ള കാലത്തിനും അത് അപ്പുറമാണ് അപ്പൊ ഇത്രയും സൂക്ഷ്മമായി ആത്മതത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു കാലത്രയേന എന്ന് പരിച്ഛ്രഹിക്കുന്നു കാലത്രയത്ത് പരിച്ഛരിക്കപ്പെടാത്തത് കാലബദ്ധമായി ചിന്തിക്കാൻ കഴിയാത്ത അതാണ് ആത്മാവ് ഇന്നലെ ഇന്ന് നാളെ ഇന്ന് കാലത്തോട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയാത്ത അങ്ങനെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാം ഇന്നലെ ബാല്യം ഇന്ന് യൗവനം നാളെ വർദ്ധിക്കാം അങ്ങനെ ശരീരമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം ആത്മാവിനെ ഒരിക്കലും കാലവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് കാലത്രേണ എന്ന പരിചിദ്ധ്യത കാലം കൊണ്ട് പരിച്ഛേദിക്കപ്പെടാത്തത് ഈദൃശം വസ്തു ഇങ്ങനെ ഒരു വസ്തു ഇതെന്താണ് ഇങ്ങനെ ധർമാധർമ്മങ്ങൾക്ക് കാര്യകാരണങ്ങൾക്ക് കാലത്തിന് അതീതമായിട്ടുള്ളത് അങ്ങനെ ഒരു വസ്തു പറയുന്നു സർവവ്യവഹാര ഗോചര അതീതം സർവവ്യവഹാര വിഷയങ്ങൾക്കും അപ്പുറമുള്ളത് സർവ വ്യവഹാരം ശബ്ദപ്രയോഗം പ്രവൃത്തി ചിന്ത അതാണ് വ്യവഹാരം എല്ലാ ശബ്ദപ്രയോഗങ്ങൾക്കും എല്ലാ പ്രവൃത്തികൾക്കും എല്ലാ ചിന്തകൾക്കും വിഷയമല്ലാത്തത് ഒരു ചിന്തയ്ക്കും ഒരു വാക്കിനും ഒരു പ്രവൃത്തിക്കും വിഷയമുണ്ടാത്തത് അതായത് ഒരു ചിന്തയിലൂടെയും നിശ്ചയിക്കാൻ കഴിയാത്തതും ഒരു വാക്കിലൂടെയും വെളിപ്പെടുത്താൻ കഴിയാത്തതും ഒരു പ്രവൃത്തിയിലൂടെയും പ്രാപിക്കാൻ കഴിയാത്തതും അതാണ് സർവ്യവഹാരതീതം അതാണ് ആത്മാവ് എന്ന് ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെ നദിക വ്യക്തമായി ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പശ്യസി ജാനാസി അങ്ങനെ ഒന്നിനെ നീ അറിയുന്നുവെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ആത്മതത്വം ഒരു സിദ്ധനായ ഒരു ഗുരുവിൽ നിന്ന് അത് ശ്രവിക്കുമ്പോൾ മാത്രമേ ഉത്തമനായ ഒരു ശിഷ്യന് ആ ആത്മബോധം ശരിയായി പ്രകാശിക്കത്തുള്ളൂ അതിനാണ് സമ്പ്രദായ രക്ഷേ അപ്പൊ കാര്യത്തിന് വേണ്ടി മാത്രമേ ഈ വയസ്സ് ആത്മാവിനെ കുറിച്ച് അറിയാൻ കഴിയാത്തത് കൊണ്ടല്ല ഏകദേശം വേദം അധ്യയനം ആത്മവിചാരം ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ് പക്ഷെ അതിന്റെ ആ പരിപൂർണതയ്ക്ക് അവിടെ ഒരു മുക്ത പുരുഷനിൽ നിന്നുള്ള ഉപദേശം അത് അനിവാര്യമാണ് അതിനുവേണ്ടി ചോദിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവിടെ യമലോകത്ത് പോയി നേരിട്ട് ചോദിക്കുന്നത് അല്ലാതെ ആത്മാവിനെ കുറിച്ച് തികച്ചു അത് ഇവിടെ വന്ന് വ്യക്തമാക്കണം നദികന്നെയാണ് അപ്പം യമദേവൻ ഉപദേശിക്കുന്നത് എങ്ങനെയാണ് നദികസ് എങ്ങനെയാണോ ആത്മാവിനെ ചോദിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഉപദേശം ചോദ്യകർത്താവിന്റെ ചോദ്യവും ഇവിടെ ഉപദേഷ്ടാവിന്റെ ഉപദേശം ഒന്ന് തന്നെ കണ്ടുവന്നതാണ് അപ്പം അന്തിമമായി ശിഷ്യന്റെ പ്രശ്നവും ഗുരുവിന്റെ സമാധാനവും ഒന്നായിരുന്നു അങ്ങനെ ഒന്നായിരിക്കുമ്പോഴാണ് പൂർണ്ണമായ ഗുരു ശിഷ്യ പാരസ്പര്യം ഒന്നായിട്ടിരുന്നു ഗുരു എന്താണോ ഗുരുവിന്റെ ചോദ്യത്തിൽ വെളിപ്പെടുന്നത് അത് ശിഷ്യന്റെ ചോദ്യത്തിന് എന്താണോ വെളിപ്പെടുന്നത് അത് ഗുരുവിന്റെ ഉത്തരത്തിനും വെളിപ്പെടുന്നത് ഇവിടെ രണ്ട് രണ്ടല്ല പ്രശ്നവും സമാധാനവും രണ്ടല്ല ആ പ്രശ്നവും സമാധാനവും ഒന്നാവുമ്പോൾ അവിടെ ഗുരുവിന് നൈവശിഷ്യ എന്നുള്ള അവസ്ഥയിലെത്തിശേഷ അങ്ങനെയാണ് പറയുന്ന ശാസ്ത്രത്തിൽ അവിടെ ഗുരുവിന്റെ ശിഷ്യന ഗുരുവിന്റെ പ്രശ്നം വേറെയല്ല ശിഷ്യന്റെ പ്രശ്നം വേറെയല്ല ഗുരുവിന്റെ സമാധാനവും വേറെയല്ല അത് ഇതിന്റെ പരിസമാപ്തിയെ കാണിക്കുകയാണ് ആത്മ പരിസമാപ്തി ആത്മ പരിപൂർണത അതിനാണ് ഇവിടെ പറയുന്നത് ആ ഒരവസ്ഥയെ കുറിച്ച് അവിടെയും ഒരു ചോദ്യം ഒരു ശിഷുവും ഒരു ശിഷ്യന്റെ ഒരു ചോദ്യവും ഒരു ഗുരുവിന്റെ ഒരു സമാധാനവും അവിടെയും ഞാൻ ശേഷിക്കുന്നു പക്ഷെ അവിടെ അതിന് വ്യത്യാസം കണക്കില്ല അവിടെ ഗുരുവിനും ശിഷ്യനും തമ്മിൽ ഭേദമുണ്ട് അങ്ങനെ ഒരവസ്ഥ ആണ് ഇവിടെ അവസാനമായി കാണിക്കുന്നത് മജീയസി രമദേവനെയും സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ശ്രീ മാതമേ ഗുരുവിൻ വിശേഷി ഗുരുവിനെ വിശേഷിച്ച് നിങ്ങളുടെ അവസ്ഥേർത്തുള്ളൂ അതിന്റെ അർത്ഥം ധർമ്മ ധർമ്മത്തിന് അന്യേത്ര അപ്പുറമുള്ളത് അധർമ്മ അധർമ്മത്തിന് അന്യത്ര അപ്പുറമുള്ളതും അസ്മാ കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ളതും ഭൂതാ ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും അന്യത്ര അപ്പുറം ഉള്ളതുമായ ഏതെന്നാണ് തത്വശ് അങ്ങറിയുന്ന അതിനെ വധ എനിക്ക് ഉപദേശിക്കൂ എന്നാണ് അടുത്ത നിയമദേവന്റെ ഉപദേശമാണ് മറുപടി പറയുന്നത് േ പദം ആമനത്തി തപംസി സർവാദിത്യം ചരന്തേ തംസി സർവാ ബ്രഹ്മചര്യം ചരതി പദം സഹേണ തംസി സർവാദിച്ഛന്തോ ബ്രഹ്മചരിയ ചരന്ത് മൃത്യുദേവൻ മറുപടി പറഞ്ഞു വസ്തു വിശേഷൻ ചോദിച്ച കാര്യത്തെ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടും രീതികളെ കുറിച്ച് എനിക്ക് പറയാം അതെല്ലാം കൂടി പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് എല്ലാ വേദങ്ങളും പദം ഏതൊരു പദമാണോ പദനിയും ഗമിനീം പ്രാപിക്കേണ്ടതായ സ്ഥാനം അതാണ് പദം അല്ലെങ്കിൽ അറിയേണ്ടതായ സ്ഥാനം അതാണ് അവിഭാവേന അവിരോധേന പരസ്പര വിരോധം ഉണ്ടാകുന്നത് ഒരേ സ്വര ഒരേ താല്പര്യത്തോടുകൂടി എല്ലാ വേദങ്ങളും ഏതിനെയാണോ അറിയേണ്ടത് അല്ലെങ്കിൽ പ്രാപിക്കേണ്ടത് എന്ന് ആമനന്തി പ്രതിപാദയന്തി പ്രതിപാദനം ചെയ്യുന്നത് അതിനെ പറയാൻ പോവുകയാണ് എല്ലാ വേദങ്ങളും പ്രാപ്യമായി ന്യമായി ഒന്നിനെയാണ് പ്രതിപാദനം ചെയ്യുന്നത് തപാസി സർവാണിക എല്ലാ തപസ്സുകളും പ്രാപ്തർത്ഥാൻ ഏതെന്തിനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണോ വീണ്ടും സർവ്വ തപസ്സുകളുടെയും അന്തിമമായ ലക്ഷ്യം ഏതെന്തിനെ പ്രാപിക്കലാണോ എന്നറിയാം എല്ലാ വേദങ്ങളും ഇതിനെ പ്രാപിക്കാൻ വേണ്ടിയാണോ എന്ന് പറയുമ്പോ വേദങ്ങളിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് നാനാ വിഷയങ്ങൾ ഏതെങ്കിലും പറയുന്നുണ്ട് പ്രത്യേകിച്ചും വേദങ്ങളിൽ കർമ്മകണ്ഡമാണ് അഗ്നിഹോത്രം ജ്യോതിഷമാണ് അശ്വമേധം തുടങ്ങിയ കർമ്മങ്ങൾ പറയും ഇതെല്ലാം ആത്മാവിനെ പറയുന്നു പറഞ്ഞു അതിന് അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് കർമ്മങ്ങളും വിധി നിഷേധങ്ങൾ ഉൾപ്പെടെ സർവ്വ വേദത്തിന്റെ വിധി നിഷേധം അടുത്ത വാ എല്ലാം അന്തിമമായ താത്പര്യം ആത്മാവിനെ ബോധിപ്പിക്കുന്നതിനാണ് എന്നാൽ ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരമ്പരയായിട്ട് കാമ്യ കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പോലും അനുഷ്ഠിച്ച് സ്വർഗാദി പോയി അതനുഭവിച്ച് അതിനൊന്ന് വിരക്തി വരാൻ അങ്ങനെ വിരഗ്ധനായവൻ വീണ്ടും അവൻ നിഷ്കാമ കർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി നേടി ജ്ഞാനപ്രാപ്തിയിലൂടെ മോക്ഷതനായിരുന്നു അപ്പൊ കാമ്യ കർമ്മങ്ങൾ പോലും നിഷിദ്ധ കർമ്മങ്ങൾ പോലും നിഷിദ്ധ കർമ്മങ്ങളും അവിടെ പറയുന്നുണ്ട് അനിഷിദ്ധകർമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാപമുണ്ടാവും പാപത്തിന്റെ ഫലമായി നരകാനുഭവങ്ങളുണ്ടാവും അതും അവനെ വീണ്ടും അതിന്റെ സംസ്കാരം അവന് ഉണ്ടായി അവനെയും മോക്ഷമാക്കുന്നു പരമ്പരയായിട്ട് വേദം എന്റെ മുഴുവുണ്ടാക്കി അത് കൽപ്പാന്തം വരെയുള്ള സുഖഭോഗങ്ങളെ തിരിക്കുന്ന കർമ്മങ്ങൾ വേദത്തില് തിരിച്ചാൽ അതിന്റെയും താല്പര്യം എന്താണ് അവനെ മോക്ഷത്തിലേക്ക് നയിക്കുകയാണ് എന്നാൽ ഈ ഏത് പ്രവൃത്തിയിൽ നിന്നാലും അവന് സംസ്കാരം ഉണ്ടാവും ആ സംസ്കാരം അവനിൽ വർദ്ധിച്ചു വരുമ്പോൾ ക്രമേണ അവന് വിരക്കുകയും മറ്റും ഉണ്ടാവും അവന് ചിലപ്പോൾ അനേക ജന്മങ്ങൾ വേണ്ടി വരും പക്ഷേ എന്തായാലും അത് ഉണ്ടാവും അതെല്ലാവരും സംഭവിച്ചിരിക്കുന്നു എന്നാ അതായത് വർത്തമാനകാലത്തുള്ള ഓരോ ജീവന്മാരും അനേക കൽപ്പങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞവരാണ് അപ്പൊ അനേക കൽപ്പങ്ങളിൽ അഗ്നിഹോത്രം ജ്യോതിഷവും പോലെയുള്ള കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു കഴിഞ്ഞവരാണ് ചാതുർ വർണ്ണയങ്ങളിലും ചതുരാശ്രമങ്ങളിലും ജീവിച്ചവരാണ് പക്ഷി മൃഗാതിരൂപങ്ങളിലെല്ലാം ജീവിച്ചു കഴിഞ്ഞവരാണെന്നാണ് വേദം പറയുന്നത് അങ്ങനെ വരുമ്പോൾ അനേക കോടി കൽപ്പങ്ങളിൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവന്റെ ഉടൽ പൂർവ്വ വാസന കൊണ്ട് പുണ്യബലം കൊണ്ട് അവന് ആത്മ ആഭിമുഖ്യമുണ്ടാകും അപ്പൊ ഇതിന് വേദം കാരണമായി തീരും എന്നാണ് അതുകൊണ്ട് വേദം സാക്ഷാത് പരമ്പരയ ആത്മവസ്തുവിനെ ബോധിപ്പിക്കുകയാണ് അതാണ് വേദത്തിന്റെ പരമ അതുകൊണ്ടാണ് പറഞ്ഞത് ആമനന്തി എന്ന് പറയുന്നത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ തപസ്സുകളും അതുപോലെ തന്നെ തപസ്സുകളും തപസ്സുകളുണ്ട് പണിമാതഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തപസ്സുകളുണ്ട് അതിന് കാമ്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള തപസ്സുകളാണെങ്കിൽ ആ തപസ്സുകളെല്ലാം അവനിൽ ക്രമേണ വൈരാഗ്യത്തെ ഉണ്ടാക്കും അങ്ങനെ അവൻ മോക്ഷത്തിലേക്ക് നയിക്കും അവസാനം അവന് കാമ്യ വസ്തുക്കളെയാണ് കൊടുക്കുന്നതെങ്കിലും ക്രമേണ അതും അവന് നിരക്ക് ഉണ്ടാക്കും അതുകൊണ്ട് തപാംസർവാണ് എല്ലാ തപസ്സുകളും വേദനത്തിനെയാണോ പ്രാപിക്കാൻ വേണ്ടി അനുഷ്ഠിക്കപ്പെടുന്നത് യദ് ഏതെന്തിനും പ്രാപിക്കുന്നതിന് വേണ്ടിയാണോ ഇന്തനി ശരിയായ രീതി ഏതെന്തിനെ ആഗ്രഹിച്ചു കൊണ്ടാണോ ബ്രഹ്മചര്യം ചരന്തി ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നത് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഗുരുകുലവാസലക്ഷണം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുകുലവാസമാണ് ഗുരുകുലത്തിൽ വസിക്കുന്നതാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യ മുഖ്യമായ ബ്രഹ്മചര്യത്തിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ വേദത്തിനും ശാസ്ത്രങ്ങളിലും എല്ലാം പറയുന്ന ഗുരുകുലവാസം ഗുരുകുലവാസത്തിലെ നിയമങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് ബ്രഹ്മചര്യെന്ന് പറയുന്നത് ബ്രഹ്മേദർത്ഥം വ്രതം ചരതീതി ബ്രഹ്മചാരി എന്നത് വേദ അധ്യയനത്തിനു വേണ്ടി ഗുരുകുരത്തിൽ താമസിച്ചുകൊണ്ട് ഒരാൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ അത് മാത്രമാണ് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിന് തന്നെ വേദത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരാൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നു അയാൾ ഗുരുദൂരത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ബ്രഹ്മചാരിയല്ല എന്തുകൊണ്ട് ഇപ്പം വേദാധ്യയനം പോലെയുള്ളത് അതിന്റെ ഒരു ഭാഗമാണ് അതിനാൽ കൂടെ അനുഷ്ഠിക്കാതെ അവിടെ പൂർത്തിയാവുന്നു ബ്രഹ്മചര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വേദാധ്യനം ആ വേദാധ്യയനത്തിന് വേണ്ടി കുറെ നിയമങ്ങൾ പറയുന്നുണ്ട് ആ നിയമങ്ങളൊന്നു മാത്രമേ ആവുന്നുള്ളൂ നമ്മൾ സാധാരണ പറയുന്ന അഷ്ടാംഗമൈഥുനത്യാഗരൂപത്തുള്ള ബ്രഹ്മചര്യം പറ്റും അത് ബ്രഹ്മചര്യത്തിന്റെ ഒരു അംശം മാത്രം ബ്രഹ്മചര്യത്തിന്റെ മുഖ്യ അംശം പറയുന്നത് വേദാധ്യയനമാണ് നമ്മുടെ സ്മൃതികളിലും വേദങ്ങളിലും എല്ലാം പറയുന്ന ബ്രഹ്മചുരി അതോടൊപ്പം അവിടെ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം ഗുരു ശുശ്രൂഷ ആചാര്യസേവേദാധ്യയനം പിന്നെ പൊതുവെ പറയുന്ന നിയമങ്ങളുണ്ട് അത് ആഹ്വാനം ചെയ്യുന്ന വസ്ത്രം എന്നൊക്കെ പറയുന്ന പഴയ കാലമൊക്കെ പറയുന്ന ആ നിയമങ്ങൾ ആ നിയമങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മഗീര്യം എന്ന് പറയുന്നത് എല്ലാം വിവാഹം കഴിക്കുക ജീവിക്കുന്നതിന് ബ്രഹ്മഗീര്യവും നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും പറയുന്നില്ല സീര്യധാരണ എന്നും പറയുന്ന എന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നു മുഖ്യമായിട്ട് എല്ലാ നിയമങ്ങൾ കൂടി ചേർത്തിട്ടാണ് കാരണം ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന് വേദം എന്നുള്ള അർത്ഥമുണ്ട് ബ്രഹ്മ സത്യം തപോ വി ഇങ്ങനെ നാനാർത്ഥങ്ങളുണ്ട് ബ്രഹ്മശബ്ദത്തിൽ വേദം എന്നർത്ഥമുണ്ട് തപസ്വം അർത്ഥമുണ്ട് ബ്രാഹ്മണൻ എന്നർത്ഥമുണ്ട് ബ്രഹ്മവൻ എന്നർത്ഥമുണ്ട് പരമാത്മാവെന്നർത്ഥമുണ്ട് ഇങ്ങനെ ഒരുപാട് അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദമാണ് ബ്രഹ്മം അവൻ വേദമെന്നുള്ള അർത്ഥം എടുക്കുമ്പോഴാണ് ബ്രഹ്മചാരി എന്നുള്ള ചർത്ഥം വരുന്നത് നല്ല വ്യാകരണ നിയമങ്ങളനുസരിച്ച് വേദാധ്യനത്തിന് വേണ്ടി പാലിക്കുന്നു നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നു അപ്പൊ ഒരു ഗുരുകുലത്തിൽ താമസിച്ച് വേദാധ്യനം പോലെയുള്ള വേദാധ്യനം എന്ന് പറയുമ്പോൾ അധ്യാത്മം വിധേദാധ്യയനം ഇതെല്ലാം വരും ഇങ്ങനെയുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാൾ മാത്രമേ ബ്രഹ്മചാരി എന്നുള്ളൂ അപ്പൊ ഗുരുകുലവാസം അവിടെ നിർബന്ധമാണ് അങ്ങനൊരാൾക്ക് ബ്രഹ്മചാരിയാകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ബ്രഹ്മചര്യം അതാണ് ഇവിടെ ഭാഷകാരം പ്രത്യേകം പറഞ്ഞത് ഗുരുകുലവാസലക്ഷണം ഗുരുകുലവാസ രൂപത്തിലുള്ള ആ ബ്രഹ്മചര്യം അതാണ് മുഖ്യമായിട്ടുള്ള ബ്രഹ്മചര്യം ഒന്നുകൂടെ പറയുന്ന അന്യത് വാപ് ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയുള്ള അന്യത് അന്യഅനുഷ്ഠാനം അതുമാകാം മുഖ്യമല്ല പറയുന്ന അന്യത്വ അനിയുമാകാം എന്നത് ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന മറ്റനുഷ്ഠാനം ഗുരുകുലവാസം കൂടാതെ വരുന്ന അനുഷ്ഠാനം അത് അതുകൊണ്ട് അന്യത്വ അതിന് വകല്പമായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് ബ്രഹ്മപ്രാപ്തിയർത്ഥം ചെലവി ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നത് അത് തത്വ തും പദം ഏതിന് വേണ്ടിയിട്ടാണോ ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് പദം ആ പദം നിനക്ക് യജ്ഞാദി അതാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ആ പദത്തെ ആ പ്രാപ്തിസ്ഥാനത്തെ സംക്ഷേപത സംക്ഷേപമായിട്ട് ദ്രവീണി ഞാനിതാ പറയാൻ പോകുന്നത് എന്താണത് ഓം എത്തിയത് ഏത് ഓം ഓം എന്നാണ് ഓം എന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കുകയാണ് സർവ വേദങ്ങളും ബോധിപ്പിക്കുന്നതും ആ ഓം എന്ന തെയാണ് സർവ തപസുകൾ അനുഷ്ഠിക്കുന്നതും ആ ഓം എന്ന പ്രാപ്തി സ്ഥാനത്തിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം പോലെയുള്ള അനുഷ്ഠാനങ്ങൾ എല്ലാം അനുഷ്ഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് തതേത പദം ബിതം അറിയാൻ ഇഷ്ടപ്പെട്ടത് ആഗ്രഹിച്ചതാണ് ബബുദ്ധ ബോധിക്കാൻ ഇഷ്ടപ്പെട്ടത് നീ അറിയാൻ ആഗ്രഹിച്ചത് തതേത് ഓമിരി ഓം ശബ്ദവാക്യം ഓം ശബ്ദ പ്രതീകം ഓം എന്നുള്ളതിനെ ഒന്നുകൂടി വിശദീകരിച്ചിരിക്കുകയാണ് ഓം എന്ന് പറഞ്ഞാൽ ഓം ശബ്ദവാക്യം ഓം ശബ്ദ പ്രതീകം ഇവിടെ പറയുന്നത് ഓം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ തത്വജ്ഞാനത്തിനും ഓംകാരോപാസനയ്ക്കും വേണ്ടിട്ടാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടിനും വേണ്ടിയിട്ടാണ് ഓം എന്ന് പറയുമ്പോ ഒന്ന് ഓം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ശബ്ദ ആധാരം ഐഡന്റിറ്റി ഓം അതും ഓംകാര ഉപാസനയ്ക്ക് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണോ താളഗ്രാമം അല്ലെങ്കിൽ പ്രതിമ വച്ചിട്ട് ദേവൻ ഉപാസിക്കുന്നു ശിവലിംഗം വെച്ചിട്ട് ശിവൻ ഉപാസിക്കുന്നു ശിവലിംഗം വെച്ചിട്ട് ശിവൻ ഉപാസിക്കുമ്പോൾ ശിവലിംഗം എന്ന് വസ്തു ശിലാഖണ്ഡം അതിനെ ശിവനായിട്ട് സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ശിലാരൂപത്തെ വിഷ്ണുവിന്റെ ശിലാരൂപം അത് കണ്ടിട്ട് അത് വിഷ്ണു ആണെന്ന് സങ്കല്പിക്കുന്നു അത് വിഷ്ണു ആണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് അതിനെ കുളിപ്പിക്കുന്നത് അതിന് വസ്ത്രങ്ങൾ ചേർക്കുന്നത് അവര് ആഭരണങ്ങളൊക്കെ അണിയിക്കുന്നു അപ്പോ ഉപാസന ആ ഉപാസന സമയത്ത് ആ വിഗ്രഹത്തിൽ ആ വിഗ്രഹം വിഷ്ണുവാണ് ആ വിഗ്രഹത്തെ തന്നെ വിഷ്ണുവായി കാണുകയാണ് പ്രത്യേക ഉപാസന ആ വിഗ്രഹത്തിലൂടെ വേറൊരു വേദനത്തെയാണ് ഉപാസിക്കുന്നത് വിഗ്രഹത്തെ തന്നെ അല്ലെങ്കിൽ പിന്നെ വിഷ് വിഗ്രഹത്തിൽ അതൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമായി തീരും വിഗ്രഹത്തിലൂടെ വേറെ ചേജന്യത്തിലാണ് വാസിക്കുന്നെങ്കിൽ വിഗ്രഹത്തിന് എന്തിനാ കുളിപ്പിക്കുന്നതും ചന്ദനം ചേർത്തുന്നു അപ്പൊ ആ വിഗ്രഹത്തെ തന്നെയാണ് അയാൾ വിഷ്ണുമായി കാണുന്നത് ഗുരുവായൂരപ്പനായി കാണുന്നതും ഗുരുവായൂരപ്പനെന്ന് പറയുമ്പോൾ മനസ്സ് വരുന്ന രൂപത്തെ ആ വിഗ്രഹത്തെ തന്നെ ഗുരുവായൂരപ്പനായി കാണുന്നത് അങ്ങനെ ഓം എന്ന് പറയുന്ന ആ രൂപത്തെ ശബ്ദം പ്രതീകമാകുന്ന എന്റെ ഉപാസിക്കുന്നു അങ്ങനെ ഒരു വാസനയുണ്ട് അതായത് ആ ഓം അതുകൊണ്ടാണ് ഓമെന്ന് പറയുന്ന പടം വരച്ചു അതിനെ ധ്യാനിക്കുന്നു അതിലൂടെ അത് പരബ്രഹ്മമാണെന്ന് ധ്യാനിക്കുന്നു ആ കാണുന്ന രൂപം ഓമെന്ന് എഴുതി അതിൽ ലൈറ്റൊക്കെ കളറൊക്കെ കൊടുത്ത് അതിനൊമ്പേന്ന് ധ്യാനിക്കാറുണ്ട് അപ്പൊ ഈ കാണുന്ന ആ രൂപം അത് പരബ്രഹ്മമാണെന്ന് അങ്ങനെ ഉപാസനയുണ്ട് ഇനി ഓമെന്ന് പറയുന്ന ശബ്ദം അവിടെ ലിപിയല്ല ശബ്ദം ഓം എന്ന് വിചരിക്കുമ്പോൾ മുഴങ്ങുന്ന ആ ശബ്ദം അതിനെ ഉപാസിക്കുന്ന രീതി നാഗ അനുസന്ധാനത്തിന് മറ്റു ശബ്ദത്തെ അനുസന്ധാനത്തിന് എങ്ങനെ പരബ്രഹ്മമായിട്ട് അങ്ങനെയുണ്ട് ശബ്ദ ഉപാസനം മറ്റേത് ആ ലിപിയെ ഉപാസിക്കുന്നത് വിഗ്രഹത്തെ ഉപാസിക്കുന്ന പോലെ മതത്ത് ആ ശബ്ദത്തെ ഉപാസിക്കുന്നു ഇനി വേറെ തരത്തിലുള്ള ഭാഗത്തിലുണ്ട് ഓമെന്നു പറയുന്ന ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ ആന എന്ന് പറയുന്ന ശബ്ദത്തെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു രൂപം നമ്മുടെ ഒമ്പി വരും തുമ്പിക്കൈ കെവിയും കാലും കൊമ്പും ഉള്ള ഒരു രൂപം അതുപോലെ ഓം എന്നുള്ള ശബ്ദത്തെ ഉച്ചരിച്ചു ഒരു രൂപം നമ്മുടെ ഉമ്പി വരും ഓമെന്ന് ശബ്ദത്തെ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബോധം ഉണ്ടാകുന്നു കാരണം അതൊരു വസ്തുവിന്റെ പ്രതീകമല്ലൊരു വസ്തുവിൻ്റെ ഇത് കൊണ്ടാകുന്നില്ല പക്ഷെ ആന എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ആ ശബ്ദം ഒരു വസ്തുവിന്റെ വാചകമാണ് അതുകൊണ്ടു വാച്യമായിരിക്കുന്ന വസ്തുവിന്റെ വസ്തുവായിരിക്കും മനസ്സുസ്മരിക്കുന്നത് അതിന്റെ സ്മൃതി ഉണ്ടാകുന്നു പറയും സാധാരണ അർത്ഥമുള്ള ഏതൊരു ശബ്ദം ഉത്തരിച്ചു കഴിഞ്ഞാലും ആ ശബ്ദത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ വാച്യമായിരിക്കുന്ന വസ്തു ഉടനെ സ്മൃതിയിലേക്ക് വരും നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് അത് വരും ആനയെന്നോ കുതിരയെന്നോ എന്ത് കേട്ടാലും പറഞ്ഞാൽ ഭാഗ്യമായിട്ടോ പൂർണ്ണമായിട്ടോ വരും എങ്ങനെയാണോ ആ വ്യക്തിയുടെ സംസ്കാരം അതിനനുസരിച്ച് അങ്ങനെ വരും ഓമിനെ സംബന്ധിച്ചിടത്തോളം അത് വസ്തുവിന്റെ ഭാഗമാണ് ഓം എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ വളരെ ഏകാഗ്രമായ മനസ്സുള്ള ഒരാൾക്ക് ഏത് വസ്തുവിനെ കുറിച്ച് ഏകാഗ്രതയോടുകൂടി ഉച്ചരിക്കുമ്പോൾ മാത്രമേ ആ വസ്തുവിനെ കുറിച്ച് ഉള്ള പൂർണ്ണ രൂപം അന്ധകാലത്തിൽ വരത്തുള്ളൂ അല്ലെങ്കിൽ എത്രമാത്രം ആ വസ്തുവിന് ഏകാഗ്രതയുണ്ടോ അതിനനുസരിച്ച് ആ വസ്തുവിന് വസ്തുവിന്റെ രൂപം നമ്മുടെ ഉള്ളിൽ വരും ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് ഏകാഗ്രപ്പെട്ട ആ വാക്യത്തിൽ അർത്ഥത്തിൽ ഏകാഗ്രപ്പെട്ട ആ ശബ്ദത്തെ ഉച്ചരിക്കുന്നു ആ ഏകാഗ്രതയ്ക്കനുസരിച്ച് ആ വസ്തുവിന്റെ രൂപം ഉള്ളിൽ വരും അതിന് ആ വ്യക്തിയിലിരിക്കുന്ന പ്രബലമായ സംസ്കാരമാണ് അതിന് കാരണം അതുപോലെ ഓം എന്ന് പറയുന്ന ശബ്ദം ഉച്ചരിക്കുമ്പോൾ അവിടെ ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രബലമായ സംസ്കാരമൊന്നുമില്ല ഓം എന്ന് പറയുന്ന ശബ്ദത്തിന് വാക്യമായിരിക്കുന്നത് ചൈതന്യമാണ് ഓം എന്നുള്ള ശബ്ദത്തെ ഏകാഗ്രതയോടുകൂടി ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സ്ഫുരിക്കുന്നത് ചൈതന്യമാണ് ഓം ശബ്ദത്തിന്റെ അർത്ഥമായി ചൈതന്യസ്ഫുരണം ഉണ്ടാവും ആ ചൈതന്യസ്ഫുരണത്തെ വാശിക്ക് അങ്ങനെ മൂന്ന് തരത്തിൽ ഓം ശബ്ദത്തിന്റെ ഉപാസന ഒന്നുകിലാ പ്രതീകത്ത് അല്ലെങ്കിൽ ശബ്ദത്ത് അല്ലെങ്കിൽ വാച്യത്ത് അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് ഓം ശബ്ദ വാക്യം ഓം ശബ്ദ പ്രതീകം വാസുവിനെ സംബന്ധിച്ചിടത്തോളം ധ്യാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലത് ഏതെങ്കിലും ആകാം ചിലപ്പോൾ ഇത് ഏതാണെന്നൊന്നും വേദതിരിച്ചറിയാതെ കഥ അറിയാതെ ആട്ടം കാണുകയും ആകാം ചിലപ്പോൾ ഇത് റിഞ്ഞിട്ടുമാണ് ഓമിനെ ഉപാസിക്കുന്നു അപ്പൊ അതിന് മുഖ്യമായിട്ടുള്ളതെന്താണ് ഓം എന്ന് പറയുന്ന ആലംബനത്തെ ബ്രഹ്മമായി സംഘടിപ്പിക്കുന്നതല്ല ഓമെന്ന് പറയുന്ന ശബ്ദത്തെ അനുസന്ധാനം ചെയ്യുന്നതല്ല ഓം എന്ന് പറയുന്ന ശബ്ദത്തെ ഏകാഗ്ര മനസ്സോടുകൂടി ഉച്ചരിക്കുമ്പോൾ ഉള്ളിൽ സ്മരിക്കുന്ന ചൈതന്യം ഭാവന എന്നാണ് മുഖ്യമായിട്ടുള്ള ഓങ്കാരോപാസന ഓം ശബ്ദവാക്യം എന്നിവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതാണ് അതാണ് ഇവിടെ പറയുന്ന ബ്രഹ്മതത്വം അതിന് ഓം ശബ്ദം പ്രതീകമായും ഇരിക്കുന്നു ഓം ശബ്ദ അനുസന്ധാനത്തിലൂടെയും എത്തിച്ചേരുന്നത് ആ തത്വത്തിൽ തന്നെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു ഓം ശബ്ദ പ്രതീകം ഓം ശബ്ദ പ്രതീകമാണ് ഓം ശബ്ദമാകുന്ന പ്രതീകത്തോടു കൂടിയതുമാണ് ആ പരമാത്മ വസ്തു എന്നാണ് രണ്ട് ദരിദ്രമാകണം എന്നാണ് അങ്ങനെയുള്ള ഓം എന്നുള്ള ഒറ്റ ശബ്ദത്തിലൂടെ ആ ശബ്ദത്തിലൂടെ ആ തത്വത്തെ ഇവിടെ നവീകരിച്ച് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് തത്വമ ബ്രഹ്മാസമങ്ങളും മഹാവാക്യങ്ങളെ പോലെ മഹാവാക്യമാണ് ഓം എന്ന് പറയുന്ന ഈ ഭരണഭൂമി അതിന് മഹാവാക്യത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകാക്ഷരമുള്ള മഹാവാക്യമാണ് വാക്യം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പദങ്ങൾ വേണം ഒന്നിന് കൂടുതൽ അക്ഷരം വേണം ഓം എന്ന് പറയുന്ന ഈ ഒരു ശബ്ദം ഒഴിക്ക് ബാക്കിയുള്ള എല്ലാ വാക്യങ്ങൾക്കും ആ നിയമം ബാധമാണ് മാത്രം മറ്റു വാക്യങ്ങളുടെ നിയമം മാത്രമല്ല ഏകാക്ഷരീ മഹാവാക്യമാണ് ഒരക്ഷരം മാത്രമുള്ള മഹാവാക്യമാണ് മറ്റു മഹാവാക്യങ്ങൾക്കുള്ള നിയമങ്ങൾ അവിടെ അത് ആ ഒറ്റ ശബ്ദം തന്നെ ആ ഒറ്റ ശബ്ദത്തിന്റെ ഉച്ചാരണത്തിലും ആ ഏകശബ്ദത്തിന്റെ ശ്രവണത്തിലും അവന്റെ മനസ്സ് ഏകാഗ്രമാണെങ്കിൽ അവിടെ ബ്രഹ്മചൈതന്യം ഉള്ളിൽ സ്കുരിക്കുന്നു എന്നാണ് അതിനനുസന്ധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപദേശിക്കുന്നു ഉത്തമാധികാരികൾക്ക് അത് സദ്യമുക്തിക്ക് കാരണമായിത്തീരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം നോക്കാം യത് പദം ഏതൊരു പ്രാപ്തി സ്ഥാനത്തെയാണ് കാമനന്ദി പ്രതിപാദനം ചെയ്യുന്നത് സർവാണിത്തം സർവ തപസ്സുകളും പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഇച്ഛന്തോ ഏതൊന്നിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ്രഹ്മചര്യം ചെരന്തി ബ്രഹ്മചര്യം അനുഷ്ഠിക്കപ്പെടുന്നത് ആ പദത്തെ നിനക്ക് സംഗ്രഹീ നമ്പ്രവീണി ചുരുക്കി പറഞ്ഞു തരാം അത് ഓൺ ഇതിൽ ഓൺ എല്ലാണ്